മർക്കോസെഴിയ സുവിശേഷം മർക്കോസെഴുത സുവിശേഷം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എറിശലേമിൽ നിന്നും പരീഷന്മാരും ചില ശാസ്ത്രിമാരും അവന്റെ അടുത്ത് വന്നുകൂടി അവന്റെ ശിഷ്യന്മാർ ചിലർ ശുദ്ധിയില്ലാത്ത എന്നുവെച്ചാൽ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു പരീഷന്മാരും യഹൂദന്മാർ പൂർവ്വന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച് കൈ നന്നായി കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല ശാന്തയിൽ നിന്ന് വരുമ്പോഴും കുളിച്ചിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല പാനപാത്രം ഭരണി ചെമ്പ് എന്നിവ കഴുകുക മുതലായി പലതും പ്രമാണിക്കുന്നത് അവർക്ക് ചട്ടമായിരിക്കുന്നു അങ്ങനെ പരീഷന്മാരും ശാസ്ത്രിമാരും ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് നടക്കാതെ ശുദ്ധിയില്ലാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് എന്ത് എന്ന് അവരോട് ചോദിച്ചു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യശയാവ് പ്രവചിച്ചത് ശരി ഈ ജനം ആദരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു മാനുഷകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നതു എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നതുപോലെ തന്നെ നിങ്ങൾ ദൈവകൽപ്പന വീട്ടുകളുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു പിന്നെ അവരോട് പറഞ്ഞത് നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിക്കാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കായി എന്നും അപ്പനെയോ പ്രാകുന്നവൻ മരിക്കണമെന്നും മോശ പറഞ്ഞുവല്ലോ നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്നർത്ഥമുള്ള ഖൊർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു തന്റെ അപ്പനോ അമ്മയ്ക്കോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവനെ സമ്മതിക്കുന്നതുമില്ല ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു ഈ വക പലതും നിങ്ങൾ ചെയ്യുന്നു പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ചു അവരോട് എല്ലാവരും കേട്ട് ഗ്രഹിച്ചു കൊള്ളീൻ മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നും അവനെ അശ്വതമാക്കുവാൻ കഴിയുകയില്ല അവനിൽ പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു അവൻ പുരുഷാരത്തെ വീട്ടിൽ ചെന്നശേഷം ശിഷ്യന്മാർ ആ ഉപമയെക്കുറിച്ച് അവനോട് ചോദിച്ചു അവൻ അവരോട് ഇങ്ങനെ നിങ്ങളും ബോധമില്ലാത്തവരോ പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ അത് അവന്റെ ഹൃദയത്തിലല്ല വയറ്റിലത്ര ചെല്ലുന്നത് പിന്നെ മറപ്പുരയിലേക്ക് പോകുന്നു ഇങ്ങനെ സകല ബോജ്യങ്ങൾക്കും ശുദ്ധി വരുത്തുന്നു എന്ന് പറഞ്ഞു മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രയെ മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അകത്തുനിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുച്ഛിന്ത വ്യഭിചാരം പരസംഗം കുലപാതകം മോഷണം അത്യാഗ്രഹം ദുഷ്ടത ചതി ദുഷ്കർമ്മം വിടക്കണ്ണ് ദൂഷണം അഹങ്കാരം മൂഢത എന്നിവ പുറപ്പെടുന്നു ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നും അവൻ പറഞ്ഞു അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് ശീതോന്റെയും സോറിന്റെയും അതിർത്തി നാട്ടിൽ ചെന്നു ഒരു വീട് കടന്നു ആരും അറിയരുത് എന്ന് ഇച്ഛിച്ചു എങ്കിലും മറിഞ്ഞിരുപ്പാൻ സാധിച്ചില്ല അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകൾ ഉള്ള ഒരു സ്ത്രീ അവന്റെ വസത കേട്ടിട്ട് അവന്റെ കാൽക്ക് വീണു അവൾ സുറോഫോയ്ക്ക ജാതിയിലുള്ള ഒരു ജവനശ്രീയായിരുന്നു തന്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കാൻ അവൾ അവനോട് അപേക്ഷിച്ചു യേശോകളോടെ മുമ്പേ മക്കൾക്ക് തൃപ്തി മക്കളുടെ അപ്പമെടുത്ത് ചെറു നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്നു പറഞ്ഞു അവൾ അവനോട് അതേ കർത്താവേ ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പനുറുക്കുകളെ തിന്നുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അവൻ അവളോട് ഈ വാക്ക് നിമിത്തം പോയിക്കോൾക്ക ഭൂതം നിന്റെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു അവൾ വീട്ടിൽ വന്നാരെ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു അവൻ വീണ്ടും സോറിന്റെ അതിർ വിട്ടു സീതാൻ വഴിയായി ഡെക്കപ്പോലി ദേശത്തിന്റെ നടുവിൽ കൂടി ഗലില കടൽ വന്നു അവിടെ അവർ വിക്കനായൊരു ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ മേൽ കൈവയ്ക്കണോ എന്നു അപേക്ഷിച്ചു അവനെ പുരുഷഹാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരൽ തൊട്ടു തുപ്പി അവന്റെ നാവിനെ തൊട്ടു സ്വർഗ്ഗത്തേക്ക് നോക്കി നെടു അവനോട് തുറന്നുവരിക എന്നു അർത്ഥമുള്ള ഫഥ എന്നു പറഞ്ഞു ഉടനേ അവന്റെ ചെവി തുറന്നു ആവന്റെ കെട്ട് അഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു ഇതാരോടും പറയരുത് എന്ന് അവരോട് കൽപ്പിച്ചുവെങ്കിലും അവൻ എത്ര കൽപ്പിച്ചുവോ അത്രയും അവർ പ്രസിദ്ധമാക്കി അവൻ സകലവും നന്നായി ചെയ്തു ചെവിടരെ കേൾക്കുമാരാക്കുന്നു ഊമരെ സംസാരിക്കുമാരാക്കുന്നു എന്ന് പറഞ്ഞു അത്യന്തം വിസ്മയിച്ചു